എന്നാൽ തിന്മകൾ ചെയ്തവർക്ക് ഓരോ തിന്മയ്ക്കും തുല്യമായ പ്രതിഫലം ലഭിക്കും അപമാനം അവരെ മൂടും ലോഹുസുബാനുഹൂവ തായ വിൽ നിന്ന് അവരെ രക്ഷിക്കാൻ ആരുമുണ്ടാകുകയില്ല ഇരുളടഞ്ഞ രാത്രിയുടെ കഷ്ണങ്ങൾ അവരുടെ മുഖങ്ങളെ മൂടിയിരിക്കുന്നത് അവർ നരകാവകാശികളാണ് അവർ അവിടെ ശാശ്വതമായി വസിക്കുന്നവരുമാണ്